പറയുക അള്ളാഹു സുബാലഹൂവ ചായാലയായ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കുറിച്ച് നിങ്ങളൊന്നു നോക്കൂ അവർ ഭൂമിയിൽ നിന്ന് എന്താണ് സൃഷ്ടിച്ചതെന്ന് എനിക്ക് കാണിച്ചു തരിക ആകാശങ്ങളിൽ അവർക്ക് പങ്കിട്ടുണ്ടോ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഇതിനു മുൻപുള്ള ഏതെങ്കിലും ഗ്രന്ഥമോ അല്ലെങ്കിൽ അറിവിന്റെ ഏതെങ്കിലും അവശിഷ്ടമോ എനിക്ക് കൊണ്ടുവന്നു തരിക